അധ്യായം പതിനെട്ട് ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി ക്ഷാമമോ ശമരിയയിൽ കഠിനമായിരുന്നു ആകയാൽ ആഹാബ് തന്റെ ഗ്രഹവിചാരകനായ ഒപാധ്യാവെ ആളയച്ചു വരുത്തി ഒപദ്യാവോ ഈ ഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു ഇസബേൽ ഈ ഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓപദ്യാവ് നൂറു പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ അമ്പതി പേരായി ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു ആഹാബ് ഓപദ്ധ്യാവോട് നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്തു ചെന്ന് നോക്കുക പക്ഷെ മൃഗങ്ങളെല്ലാം നശിച്ചുപോകാതെ കുതിരകളെയും കോവർക്കഴുതകളെയുമെങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ലുകിട്ടും എന്ന് പറഞ്ഞു അവർ ദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ പകുത്തു ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി ഓപദ്ധ്യാവും മറ്റൊരു വഴിക്ക് പോയി ഓപദ്ധ്യാവ് വഴിയിലിരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റു വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സഷ്ട്രാംഗം വീണു എന്റെ യജമാനനായ ഏലിയാവോ എന്ന് ചോദിച്ചു അവനവനോട് അതെ ഞാൻ തന്നെ നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് അടിയനെ കൊല്ലേണ്ടതിന് ആഹാമിന്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയൻ എന്തു പാപം ചെയ്തു നിന്റെ ദൈവമായ ഹോവയാണെ നിന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാനൻ ആളയക്കാത്ത ജാതിയും രാജ്യവും ഇല്ല നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു ഇങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവല്ലോ ഞാൻ നിന്നെ പിരിഞ്ഞു പോയ ഉടനെ ഈ ഹോവയുടെ നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും ഞാൻ ആഹാബിനോട് ചെന്ന് അറിയിക്കുകയും അവൻ നിന്നെ ഇരിക്കുകയും ചെയ്താൽ അവൻ കൊല്ലുമല്ലോ അടിയനോ ബാല്യം മുതൽ ക്തൻ ആകുന്നു ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ നൂറുപേരെ ഓരോ ഗുഹയിൽ അമ്പതി പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ അങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവോ അവനെന്നെ കൊല്ലുമല്ലോ അതിനേലിയാവ് ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ ഹോവയാണെ ഞാൻ ഇന്ന് അവന് എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഹോപദ്യാവ് ആഹാബിനെ ചെന്നുകണ്ട് വസ്തുത അറിയിച്ചു അഹാബ് ഏലിയാവെ കാൺമാൻ ചെന്നു ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട് ആറിത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു അതിനവൻ പറഞ്ഞത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല നീയും നിന്റെ പ്രതിർഭവനവുമത്രേ നിങ്ങൾ യഹോവിയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ നാനൂറ്റൻപത് പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചുവരുന്ന നാനൂറ് അശേര പ്രവാചകന്മാരെയും കാർമേൽ പർവതത്തിൽ എന്റെ അടുക്കൽ കൂട്ടി വരുത്തുക അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രയേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു കാർമേൽ പർവതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടി അപ്പോൾ ഏലിയാവ് അടുത്തു സർവ്വ ജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽവെക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബാലെങ്കിലും അവനെ അനുഗമിപ്പീൻ എന്നു പറഞ്ഞു എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിന്റെ പ്രവാചകന്മാരോ നാനൂറ്റൻപത് പേരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെത്തരട്ടെ ളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ണം ഖണ്ണമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം തീ കൊണ്ട് ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്നുത്തരം പറഞ്ഞു പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങൾ ഒരു കാളയെ തെരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളീൻ നിങ്ങൾ അധികം പേരുണ്ടല്ലോ എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്നു പറഞ്ഞു അങ്ങനെ അവർക്ക് കൊടുത്ത കാളെ അവർ എടുത്ത് ഒരുക്കി ബാലെ ഉത്തരമെല്ലേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു ഉറക്കവിളിപ്പിൻ അവൻ ദേവനല്ലോ അവൻ ധ്യാനിക്കയാകുന്നു അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കെയാകുന്നു അല്ലെങ്കിൽ യാത്രയിലാകുന്നു അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു അവനെ ഉണർത്തണം എന്നു പറഞ്ഞു അവർ ഉറക്കവിളിച്ച് പതിവ് പോലെ രക്തമൊഴുകുവോളം വാൾകൊണ്ടും കുന്തം കൊണ്ടും മുറിവേൽപ്പിച്ചു ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാകം കഴിക്കുന്ന സമയം വരെ അവർ വിളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല അപ്പോൾ ഏലിയാവോ എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി നിനക്ക് ഇസ്രയേൽ എന്ന പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ല് എടുത്തു കല്ലുകൊണ്ട് ഈ ഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു യാഗപീഠത്തിന്റെ ചുറ്റും രണ്ട് സേയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ണം ഖണ്ണമാക്കി വിറകൻമീത് വെച്ചു നാലു തൊട്ടിയിൽ വെള്ളം നിറച്ച് ഓമയാഗത്തിന്മേലും വിറകൻമേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു രണ്ടാംശ്യവും രണ്ടാം പ്രാവശ്യവും ചെയ്തു അതിന്റെ ശേഷം മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്വീൻ എന്നവൻ പറഞ്ഞു അവർ മൂന്നാം പ്രാവശ്യവും ചെയ്തു വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തുചെന്നു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ യഹോവേ ഇസ്രയേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ യഹോവി എനിക്ക് ഉത്തരമല്ലേണമേ നീ ദൈവം തന്നെ യഹോവി നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനമറിയേണ്ടതിന് എനിക്ക് ഉത്തരമല്ലേണമേ എന്ന് പറഞ്ഞു ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകൂ വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവം ാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പി അവരിലൊരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു അവർ അവരെ പിടിച്ചു ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിൽ നിന്നെരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു പിന്നെ ഏലിയാവ് ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് പോയി ഏലിയാവോ കാർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വച്ച് തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിനു നേരെ നോക്കുക എന്നു പറഞ്ഞു അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞു അതിനവൻ പിന്നെയും ഏഴു പ്രാവശ്യം ചെല്ലുക എന്നു പറഞ്ഞു ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈപോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്നു പറഞ്ഞു അതിനവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കാം എന്നു പറഞ്ഞു ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു അവനാരമുറുക്കയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി